ശരി <tries> <tries> <tries> <tries> <tries> <tries> സേശോ അണിമാ വിധാത്മിം തേത് ഭൂയേ മാ ഭൻ വിജ്ഞാപയ തധസോമേ ഉച്ചച േം പ്രവയത് യുക്തം തധം മമഹിനെ സർവജ സുശ്രുത്തെ സമ്പേ മനു സസമ്പ വയം ദൃഷ്ടാന്തന മാം പ്രത്യാവയത് മുക്തോം ഉച്ച അതീ പറഞ്ഞു ഇതുവരെയുള്ള വിശദീകരണങ്ങൾ കൊണ്ട് സദേവ സംവിധമ ഗ്രാസിന്ന് തുടങ്ങി ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് നീ മനസ്സിലാക്കേണ്ടത് എന്താണ് തൊത്ത് പറയുന്നു അത അതിനാൽ തത് തന്നു പറഞ്ഞാൽ എന്താണ് സത് എടുത്ത് പറയുന്നു തത് അപ്പൊ അതിൽ തത്ത് എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ വേറെ പോകരുത് സത്തിനോട് പറയുന്നു ഇതുവരെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് സത്തിനെ കുറിച്ചാണ് പറയുന്നത് തത്ത് ആ തത്ത് അത് സത്ത് തന്നെയാണ് അത് ത്വം അസി നീയാണ് വ്യക്തമായി പറയുന്നു സശബ്ദത്തിനുള്ള വേറെ അർത്ഥവും സദേവ എന്ന് പറഞ്ഞ് ആ സത്ത് തന്നെയാണ് നേരിട്ട് ബോധിപ്പിക്കും അവിടെ സത്തിനെ കുറിച്ച് ധാരാളം മനസ്സിലാക്കി ഒരുപാട് ചർച്ച ചെയ്തു ഇവിടെ ഏകമേവാതീയം എന്ന് പറഞ്ഞപ്പോ തന്നെ അതിന്റെ ചർച്ച വളരെ വലുതായി അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യമില്ല പിന്നെ എങ്ങനെ മനസ്സിലാക്കണം ത്വം അസി ഭവസി അത് നീയാണോ എന്ന് മനസ്സിലാക്കണം അതാണ് തത്തിൻ്റെ വ്യാഖ്യാനം ആണ് ത്വം ഇത്യവും പ്രത്യായുധ പുത്ര ഭൂയ ഐവ മാ ഭഗവാൻ വിജ്ഞാപു അപ്പൊ തത്തിനെക്കുറിച്ച് വളരെ സത്തിനെക്കുറിച്ച് വിശദീകരിച്ചു അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചാൽ സാധാരണഗതി ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും സത്യന്നതാണ് ഏകമാണ് പക്ഷെ അവിടെ ബുദ്ധിമുട്ട് വരുന്ന എവിടെയാണ് നീയാണ് എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിട്ടാണ് മുമ്പേ പറഞ്ഞത് സദാശ്രയ സദായധന സത്പ്രതിഷ്ഠ അതെല്ലാം ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ താനായിട്ട് ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞു അത് ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സതിസമ്പദ് സതിസമ്പദ് സത്തിനോട് ഏകീഭവിക്കുന്നുണ്ട് സ്വമപീതോ ഭഗവതി ഇതല്ല അത് ഒരു സംശയം കൂടാതെ ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞാണ് പക്ഷെ അത് തന്നെ സംശയം ഉണ്ടാകും സംശയം കൂടാതെ ഗ്രഹിക്കണമെന്ന് ഗുരുവിന്റെ ആഗ്രഹം പുത്രനാണെങ്കിലോ അതും സംശയത്തെ ഉണ്ടാക്കും മാ ഭഗവാൻ മാം എന്നെ വിജ്ഞാബേതു ഭഗവദുധം സന്ദിഗം എനിക്ക് സന്ദേഹമുണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന സന്ദേഹമാണ് എന്താണ് സത്യഏകമേവ ആദ്യഥീയം എന്നെല്ലാം വളരെ വലുതാക്കി പറഞ്ഞൊരു കാര്യം ചെറുതായിട്ടുണ്ട് അതിലൊന്നാണ് സൃഷ്ടി അതാണിതിന് കാരണം എന്നെല്ലാം പറഞ്ഞിട്ട് അതിനെ വീണ്ടും ചെറുതാക്കി പറഞ്ഞു വളരെ നിസ്സാരമാക്കി എന്താണോ അഹന്യഹന് സർവപ്രജാ സുഷു സസ്പയന്തേത് ഇത് ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിനെ ചെറുതാക്കി പറയുമ്പോൾ എങ്ങനെയാ എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം താല്പര്യം എന്താണ് ഉറക്കം എന്ന് പറഞ്ഞ ഉറക്കത്തിന് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു ഉറക്കം ആവശ്യമാണ് ഉറങ്ങുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഇത്രയും വലിയൊരു തത്വം ഏകമേവാത്പര്യം എന്ന് പറയുന്ന ആ തത്വം അത് ഉറക്കത്തിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു ഉറക്കത്തിൽ അതിന്റെ പൂർണ്ണത വേണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തെ കുറിച്ചൊരാൾ സാറിന് എന്താ ധരിക്കുന്നത് സാമാന്യമായി ധരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു വികാരം പോലെ മനസ്സിന് പല വികാരങ്ങളും ഉണ്ടാകും ഒന്നും അറിയാത്ത ഒരവസ്ഥ മനസ്സിന് വരുമ്പോൾ ഉറക്കം ഉള്ളൂ അതിന് അധികവന മഹത്വം ഒന്നും കൊടുക്കാൻ സാധാരണ ചിന്തിക്കുന്നവരാൾക്ക് സാധ്യമല്ല അതിനെന്താ കാരണം കാരണം ഉറങ്ങിയതിന് ശേഷം ഉണരുന്നവന് ഒരു മാറ്റവും കാണുന്നു അവർക്ക് അത്രയും മഹത്വമുള്ള സ്ഥാനമാണെങ്കിൽ ഉറങ്ങി ഉണരുമ്പവനെന്തെങ്കിലും ഒരു മഹത്വം കാണണം ഇതുതന്നെയാണ് ചേതഗി സംശയം വിതു സസമ്പന്ന വയം പറയുന്നു സ്വഅീതോ ഭവതി തസമ്പദ് അതിനെ പ്രാപിക്കുന്നു ഈ പറഞ്ഞ ഏകമേവദ് പ്രാപിച്ചിട്ടും സമ്പന്ന ഒരു വിശേഷമില്ല എന്ന് ചോദിക്കും എന്തായത് കൊണ്ട് ഗുണമുണ്ടായത് ഏകമേവ ദ്വതീയമായിരിക്കുന്നതിനെ പ്രാപിച്ചാൽ മോക്ഷം കിട്ടും എന്നാ പറയുന്നു ഈശ്വര സാക്ഷാത്കാരമെന്നൊക്കെ പറയുന്നു അതിവിടെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു പ്രയോജനം കാണുന്നില്ലല്ലോ ഉറങ്ങിയുണ്ടായിരുന്നത് അപ്പോ അങ്ങനെ അവിടെ വാസ്തവത്തെ സംഭവിക്കുന്നുണ്ടോ അതാണ് ചോദ്യം സത്യസംബന്ധ്യ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് സത്യമായിട്ട് ഏകീഭവിക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെന്താണ് ഇവിടെ സത്യമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യകാലം പറഞ്ഞിട്ടെന്താണ് ജീവത്വം ആ ജീവത്വത്തെ പൂർണമായും ഇല്ലാതാക്കിയിട്ട് എന്ന് തന്നെ പറയുന്നു എന്തിനെങ്കിലും അവിടെ അവശേഷിപ്പിച്ചിട്ടു എന്ന് പറയുന്നില്ല അത് ആണിതിനെ അംഗീകരിക്കാൻ യുത്തിയുള്ള ആർക്കും മടി തോന്നുന്ന ഒരു കാര്യം അതങ്ങനെ സംഭവിക്കും ചെറിയൊരു മനസ്സിന്റെ മാറ്റത്തിന് പരമാർത്ഥ സത്യം എന്നിങ്ങനെ പറയുന്നു ഇനി പരീക്ഷണം നടത്തി വയ്ക്കാനും അത് ബോധ്യപ്പെടുത്തില്ല ഉറങ്ങിക്കിടക്കുന്ന ഒരു തന്റെ തലയിൽ കുറെ വയറൊക്കെ ഘടിപ്പിച്ച് ഒരു വലിയ കമ്പ്യൂട്ടറിൽ കൊടുത്ത് പരീക്ഷണം നടത്തുന്നിരിക്കട്ടെ പരീക്ഷണം നടത്തി എന്തായിരിക്കും എൻ്റെ റിസൾട്ട് ഓരോരുത്തരും അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ജാഗ്രത പോലെയല്ല അതിസൂക്ഷ്മമായ ചില പ്രവർത്തനങ്ങൾക്ക് തെളിവുണ്ട് കാണാൻ പറ്റും സ്ക്രീനിൽ തെളിഞ്ഞുവരും പരീക്ഷണം നടത്തി ജാഗ്രതയില് നമ്മുടെ ബ്രെയിനിന് പരീക്ഷണം നടത്തിയാലും പലതും കാണാൻ പറ്റും അവിടുത്തെ വൈദ്യുത പ്രവാഹവും രാസപ്രവർത്തനവും അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളുമെല്ലാം സ്ക്രീനിൽ കാണാൻ പറ്റും നല്ല ഉറക്കത്തിൽ നടത്തിയാലും കാണാൻ പറ്റും എന്നിട്ടവര് ഉറക്കത്തെ തരംതിരിക്കും ഇത് എന്നെ ഉറക്കമാണ് ഇത് ഉറക്കമാണ് ഈ ഉറക്കത്തിന് എന്നെ വിശേഷതകളുണ്ട് അങ്ങനെ ഉറക്കത്തെ തന്നെ തരംതിരിക്കാൻ പറ്റുന്നുണ്ട് ഭൗതികമായി പരീക്ഷിച്ചാൽ പിന്നെ ഉറക്കത്തിൽ ഉദ്യോഗ ഭാവം പൂർണ്ണമായും പിടിച്ച് പരമാത്മാവിനോടേക്ക് ഭവിക്കുന്നു പറഞ്ഞാൽ പിന്നെ കാണുന്നേന്ന് തോന്നുന്നു അത് ഇന്നത്തെ ഇന്ന് പഠിക്കുന്നവരങ്ങനെ ചോദി അവർക്കത്തെയും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് പരീക്ഷണ നിരീക്ഷണം നടത്താൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ ജീവഭാവം നഷ്ടപ്പെട്ട് കേവലം സദേഗമേ ആദ്യതേയുമാണെങ്കിൽ കാണുന്നൊക്കെ തോന്നുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാഗ്രത പഠിച്ചാലും ശരി ഉറക്കത്തെ പഠിച്ചാലും ശരി എന്തായാലും ഉറക്കത്തിൽ തനിക്ക് പഠിക്കാൻ എന്തായാലും പറ്റത്തില്ല വേറൊരാൾ തന്നെ പഠിച്ചു കൊന്നിരിക്കട്ടെ അതേ പഠിച്ചാലും ശരിയാർക്കും ഉറക്കത്തെ പഠിക്കാൻ സാധ്യമേ അല്ല സുഷുത്തിപ്പഠിക്കാൻ പറ്റത്തില്ല ഒരു ഉപകരണം കൊണ്ടോ ഒരു കമ്പ്യൂട്ടർ കൊണ്ടോ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താ പഠിക്കുന്നത് ജാഗ്രതന്തിനാ പഠിക്കുന്നത് ജാഗ്രത പഠിക്കുന്നത് ഈ ശരീരത്തെ അങ്ങനെ കീറിയോ മുറിച്ചോ അല്ലാതെയോ അതിനെ പഠിക്കുന്നുള്ളൂ സുഷൃക്തി പഠിക്കാൻ പറ്റത്തില്ല പിന്നെ കാണുന്നതൊക്കെ അത് നമ്മളെ ബ്രെയിനിന്റെ പഠനമാണ് അതിൽ പഠിക്കാൻ പറ്റും ജാഗ്രത പഠിക്കാൻ പറ്റും ഇതൊക്കെ എവിടെയാ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ ബ്രെയിനിലാണ് അതിനെ പഠിക്കാൻ പറ്റും അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ പലതും പഠിക്കാൻ പറ്റും സുഷൃത്തി എന്ന് പറയുന്നത് എന്താ ബ്രെയിനാണ് പറയുന്നത് ബോധമെന്ന് പറയുന്നത് ബ്രെയിനല്ലോ അതുപോലെ തന്നെ സുഷുതിയും ബ്രെയിനല്ല അപ്പൊ ബ്രെയിനിനെ പഠിച്ച സുഷുത്തിയെ പഠിക്കാൻ പറ്റത്തില്ല അത് പഠന വിഷയമല്ല ബ്രെയിനിനെ പഠിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഒരാൾക്ക് വേണമെങ്കിൽ മറ്റൊരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ സുഷൃത്തി പഠിക്കാൻ ശ്രമിക്കും ഒരു എത്ര വലിയ ശാസ്ത്രജ്ഞനായിക്കൊള്ളട്ടെ അയാള് സ്വന്തം സുഷുതി പഠിക്കുകയാണെങ്കിൽ സുഷൃപ്തിയെ തന്നെയാണ് പഠിച്ചതെന്ന് ഉറപ്പാക്കാം പറ്റത്തില്ല എന്തുകൊണ്ട് പഠനം ജാഗ്രതയിലേ പറ്റും ഒരേ സമയം തനിക്ക് ജാഗ്രതയിലിരിക്കാനും തനിക്ക് സുഷൃത്തിയിലിരിക്കാനും പറ്റത്തില്ല അത് രണ്ടും സാധ്യതയുണ്ട് ഒരാൾ സുഷ്ടി പഠിക്കാൻ ശ്രമിക്കുന്നുവെന്നിരിക്കട്ടെ അയാൾക്ക് പരമാവധി ചെയ്യാന്നുള്ളത് ജാഗ്രതത്തിലിരിക്കുക ഇപ്പൊ ജാഗ്രതയിലിരുന്നു കൊണ്ട് ഇരിക്കുന്ന ഒരാളിന് സുഷൃത്തി അന്യമാണ് അയാളുടെ മുമ്പിൽ സുഷുതിയേ ഇല്ല സുഹൃത്തി ഭൗതികമായി പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് അവിടെ മുമ്പിൽ സുഹൃത്തിയില്ല അയാളുടെ മുമ്പിൽ ജാഗ്രത മാത്രമേ ഉള്ളൂ ജാഗ്രതയിലാണ് അയാള് വേറെ ആളുടെ ബ്രെയിൻ പഠിക്കുന്നത് ശരി അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയാൽ അപ്പം നിൽക്കും പഠനം ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം അവിടെ നിൽക്കും പിന്നെ പഠനമില്ല അപ്പൊ സുഷ്ടിയെ കുറിച്ചുള്ള എല്ലാ പഠനവും ബ്രെയിനിനെ കുറിച്ചുള്ള പഠനമാണ് അത് ജാഗ്രതത്തിലേ സംഭവിക്കും സൃഷ്ടിയിൽ അത് സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് സൃഷ്ടിയിൽ പഠിക്കുന്നവനില്ല പഠിക്കുന്ന വിഷയമില്ല പഠിക്കാനുള്ള ഉപകരണങ്ങളില്ല പഠനമില്ല പഠനത്തിൽ നിന്ന് കിട്ടുന്ന നിഗമനങ്ങളില്ല ഇപ്പൊ ജാഗ്ര ഉണർന്നിരിക്കുന്ന ഒരാൾ ആ ജാഗ്രത് ഉണർവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സുഹൃത്തയെക്കുറിച്ച് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീതമായി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു അന്ധൻ പ്രകാശത്തെ കുറിച്ച് വർണ്ണിക്കുന്ന അന്ധൻ സൂര്യനെ കുറിച്ച് വർണ്ണിക്കുന്നതുപോലെയാണ് ഒരു അന്ധനെ സംബന്ധിച്ചും പ്രകാശത്തെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും കാണും അല്ല അന്തനാണെങ്കിലും അയാള് മറ്റുപായങ്ങളിലൂടെ പ്രകാശത്തെക്കുറിച്ച് ധരിക്കുന്നു മറ്റുള്ളവർ പറഞ്ഞു കേട്ടോ മറ്റേന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ട് അനുമാനിച്ചോ അയാളും മനസ്സിലാക്കുന്നു പ്രകാശത്തെക്കുറിച്ച് പക്ഷെ എന്തായിരിക്കും അയാളുടെ കണ്ടെത്തലുകൾ അന്ധന്റെ കണ്ടെത്തലുകൾ പ്രകാശത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത് അന്യമാണ് പരസ്പരം പ്രകാശം വേറെ ഇരുള വേറെ ഇരുട്ടിൽ പ്രകാശത്തെക്കുറിച്ചോ പ്രകാശത്തിൽ ഇരുട്ടിനെ കുറിച്ചോ അറിയാൻ വയ്യ രണ്ടും അന്യമായിരിക്കും ശുദ്ധമായ പ്രകാശത്തിൽ ഇരുട്ടില്ല ശുദ്ധമായ ഇരുട്ടിൽ പ്രകാശമില്ല അതുപോലെ വെളിച്ച ഉയരളും പോലെ ഇരിക്കുന്നു സുഷുതിയും ജാഗ്രത സുഷുയിൽ അന്ധത അതുകൊണ്ട് അവിടെ ഒരു പഠനവും നടക്കത്തില്ല ജാഗ്രത വെളിച്ചമായതുകൊണ്ട് പല പഠനങ്ങളും നടക്കും പക്ഷെ അത് ജാഗ്രത വിഷയങ്ങളും മാത്രമേ സാധ്യമാകൂ സുഷുദ്ധി ജാഗ്രത വിഷയമല്ല ജാഗ്രത വിഷയം പരമാവധി നമ്മളെ തലച്ചോറോ അവിടുത്തെ രസപ്രവർത്തനങ്ങളോ പരമാണുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആകാം ആ പഠനങ്ങളെല്ലാം എന്താണ് സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനമല്ല ജാഗ്രതത്തിനെ കുറിച്ചുള്ള പഠനമാണ് അതേ സാധ്യമാവും അല്ലെങ്കിൽ എന്ത് ഒരാൾ തന്റെ സൃഷ്ടിയെ കുറിച്ച് പഠിക്കും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അന്ധന വെളിച്ചത്തെക്കുറിച്ച് പഠിക്കാൻ വയ്യാത്തതുപോലെയാണ് അതുകൊണ്ട് അതല്ല ഇവിടെ സൃഷ്ടിയെന്ന് പറയുന്നു സൃഷ്ടിയിൽ ജാഗ്രത് ബോധം പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ജാഗ്രത് ബോധം കൊണ്ട് സുഷൃതിയെ ജാഗ്രത ഉപകരണങ്ങൾ കൊണ്ട് സൃഷ്ടിയെ പഠിക്കാൻ സാധ്യമല്ല ഇതെല്ലാം അവസാനിക്കുന്നു പഠിക്കുന്നവരെല്ലാം എന്തിനാ പഠിക്കുന്നു ജാഗ്രത പിന്നെ അവരെന്താ പരമാവധി മനസ്സിലാക്കുന്നത് സൃഷ്ടിയെ കുറിച്ചല്ല ഒരു ജീവന്റെ സുഷൃപ്തിയിൽ തന്റെ സുഷൃപ്തിയ അന്യന്റെ സുഷൃപ്തിയിൽ എന്ന് പറയുമ്പോൾ അന്യന്റെ സുഷൃപ്തി ഒരിക്കലും തനിക്ക് പ്രത്യക്ഷിക്കുന്നു അന്യന്റെ സുഷൃപ്തിയിൽ അവന്റെ ബ്രെയിനിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് എന്ന് തന്റെ ജാഗ്രത മനസ്സിലാക്കുന്നു അന്യന്റെ സുഷൃഷ്തി എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കൽപ്പന മാത്രമാണ് കാരണം അന്യന്റെ സുഷിതി തനിക്കെപ്പോഴും അന്യമാണ് താൻ ജാഗ്രതയിലിരിക്കുമ്പോൾ തന്റെ സുഷൃക്തി അന്യമായിരിക്കുന്നതുപോലെ അന്യന്റെ സുഷൃതി അന്യമാണ് അനന്യമായിരിക്കുന്ന ഒന്നിന് ഒന്നിനെ കുറിച്ച് പഠിക്കുകയാണ് അപ്പം ആ പഠനമൊന്നും അന്യമായ ഒന്നിനെ കുറിച്ചല്ല ജാഗ്രതയിൽ താൻ കാണുന്ന എന്തോ അതിനെക്കുറിച്ചുള്ള പഠനം അതേ സാധ്യമാവും അതുകൊണ്ട് സുഷുതിയെ ഒരിക്കലും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ സാധ്യമല്ല നമ്മൾ കരുതുന്ന പോലെ നിസ്സാര നമ്മളതിന് നിസാരമായി കരുന്ന് എന്തുകൊണ്ട് നമുക്കത് സഹജമായിരിക്കും സ്വാഭാവികമായിരിക്കും നമ്മളിൽ നിന്നതിനെ വേർപിരിക്കാൻ വയ്യാതിരിക്കുന്നു നമ്മളുടെ ഇച്ഛയ്ക്കും അനിച്ഛയ്ക്കും അപ്പുറമാണത് ഏത് നിമിഷമാണ് സുഹൃത്തിയിലേക്ക് കടക്കുന്നത് ഏത് നിമിഷം അതിന് പുറത്തു വരുന്നു ബ്രഹ്മാവിൽ പോലും പിടികിട്ടത്തില്ല പുറത്തു വരുന്നു ആർക്കും പറയാമോ എന്തുകൊണ്ട് ഈ കർണങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് പിന്നൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ പോക്ക് വരവൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല തികച്ചു മന്യമായിരുന്നു അവിദിതാദ് അത് അറിഞ്ഞതിനും അറിയപ്പെടുന്നതിനും അപ്പുറമാണത് അത് അറിയാമെന്നോ അറിയാൻ പറ്റില്ലെന്നോ തീർത്ത് പറയാൻ വയ്യ ഒരു തരത്തിലറിയാമെന്ന് പറയാം വേറൊരു തരത്തിൽ അറിയില്ലെന്നും പറയാം രണ്ടും പറയുന്നു അതല്ലേ പറയുന്നു ഞാൻ ഉറങ്ങി പക്ഷെ ഒന്നു പറഞ്ഞില്ല രണ്ടും പറയുന്നു വിദ്യുതാവിധുതങ്ങൾക്ക് പ്പുറമുള്ള പരമാർത്ഥ നിലായതുകൊണ്ടാണ് ആണ് ഭാഷകാരൻ പറഞ്ഞത് ആ ജീവത്വം പൂർണമായും ഉപയോഗിച്ചിട്ട് അതാണ് ഇവിടെ പുത്തന് സന്ദേഹം വരുന്നത് സത്സമ്പദ് ആ സത്തിനെ പ്രാപിച്ചത് പക്ഷേ നവിതു സത്സമ്പന്ന വയം പക്ഷെ അതറിയുന്നില്ലല്ലോ അതാണ് പരമാർത്ഥമെങ്കിൽ അതറിയേണ്ടതാണല്ലോ എന്നാണ് അതാണ് സുഹൃത്തി അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് സുപത്തി അറിയുന്നുണ്ട് സർവരും അറിയുന്നുണ്ട് പക്ഷേ ഈ അറിയുന്നതിൽ കൂടുതലായി അറിയണമെന്നുള്ളതാണ് ഒരു വസ്തുവിനെ അതിന്റെ സ്വരൂപത്തിനപ്പുറം അറിയണമെന്നാണ് ആഗ്രഹിക്കാൻ നടക്കൂ അഗ്നിയെ നമുക്ക് ഉഷ്ണമായിട്ടും പ്രകാശമായിട്ടും അറിയാം അതിനപ്പുറമായിട്ട് അറിയണമെന്ന് വെച്ചാൽ അതെങ്ങനെ അറിയാൻ പറ്റും അത് അഗ്നിയായിരിക്കില്ല ജലമായിരിക്കും ഒരു വസ്തുവിനെ സ്വഭാവത്തിനപ്പുറം കടന്നറിയാൻ പറ്റത്തില്ല സ്വഭാവോഹി ദുരതന് അനതിക്രമ അതെല്ലാ അർത്ഥത്തിലും അങ്ങനെയാണ് വസ്തു സ്വഭാവത്തെ സംബന്ധിച്ചും അങ്ങനെയാണ് സ്വഭാവത്തെ അതിക്രമിച്ചു പോകാൻ പറ്റത്തില്ല ഇപ്പോൾ വിദുത അവിദ്യതങ്ങൾക്ക് അപ്പുറമുള്ള ആ സ്വരൂപത്തെ വിദിതമാക്കാൻ പറ്റില്ല അവിദ്യിതമാക്കാനും പറ്റത്തില്ല രണ്ടും കഴിയത്തില്ല അതുകൊണ്ടാണ് ജാഗ്രതയിൽ നിന്നുകൊണ്ട് ആ അത് സംഭവിച്ചു പക്ഷെ അറിഞ്ഞില്ല അറിഞ്ഞെന്നും അറിഞ്ഞില്ല എന്നും പറയുന്നു വാസ്തവത്ത് അത് രണ്ടിനും അപ്പുറം ഉള്ളതാണ് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് അറിഞ്ഞു അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റൂസത്തെ അറിഞ്ഞു അറിഞ്ഞില്ല അത് പറയാൻ പറ്റത്തില്ല അറിഞ്ഞാലറിഞ്ഞു അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല രണ്ടിലെങ്കിലും ഒരു പക്ഷമേ ഉള്ളൂ അവിടെ നോക്കി ഇതിനെക്കുറിച്ചേ പറയാൻ പറ്റുന്നു ഉറങ്ങി പക്ഷെ അറിഞ്ഞില്ല എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വരുന്നു അത് ഈ ദന്തത്തിന് അതീതമായതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സസമ്പദ് നവിത സസമ്പന്നാവയം ഞാൻ അവിടെ ആയിരുന്നു അപ്പൊ അതിനെ ശ്രുതിയെക്കുറിച്ച് നമ്മുടെ ജാഗ്രത മനസ്സുമായോ അല്ലെങ്കിൽ മനസ്സ് പ്രകടമാകുന്ന നമ്മുടെ ബ്രെയിനുമായോ ഒന്നും ബന്ധപ്പെടുത്തി ചിന്തിക്കരുത് പിന്നെ ഒരേ ഒരു വഴിയുള്ളതിനെ മനസ്സിലാക്കും എന്തായാലും സുഷൃതി അവിടെ പോയി മനസ്സിലാക്കാൻ പറ്റില്ല അവിടെ മനസ്സില്ല മനസ്സിലാക്കുന്ന സാധനം ഇരുന്നുകൊണ്ട് മനസ്സിലാവും അതാണ് ഇതിന്റെ മുഖ്യമായ സംഗതി ഇതിനെ ജാഗ്രതയിലിരുന്നുകൊണ്ടും മനസ്സിലാക്കുക സുഷുതിയെ ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് സുഷൃതി അങ്ങനെ മനസ്സിലാക്കും അതോ ദൃഷ്ടാന്തേനമാം വൃത്തിയായ ഏതോ യുക്തിയിലൂടെ അനുഭവത്തിലൂടെ ഇതിനെല്ലാം ബന്ധപ്പെടുത്തി ജാഗ്രതയിലിരുന്നു കൊണ്ട് സൃഷ്ടി മനസ്സിലാക്കണം ജാഗ്രതത്തിലിരുന്നു ഈ മനസ്സിലാക്ക ഇതിനാണ് പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അത് വേറെ ഒരിടത്ത് വരുന്നുള്ള മനസ്സിലാക്കലല്ലോ വേറെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിവിടെ സമാധാനം തരത്തില്ല ഇവിടെ ശരി എന്നാൽ ഇതിനെ നിനക്ക് ജാഗ്രത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം സുഹൃത്തി എന്താണെന്ന് ഞാൻ പറഞ്ഞു സുഹൃത്തിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജാഗ്രതയിലാണത് സാധ്യമല്ല ഇപ്പൊ പറയുന്നു സുഹൃത്തിയെ ജാഗ്രത്തിലെ മനസ്സിലാക്കാൻ പറ്റൂ അതിൽ പരസ്പര വിരുദ്ധമായി തോന്നും സുഷൃപ്തിയെ ജാഗ്രത മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് സുഷൃപ്തിയെ വിഷയനഷ്ടമാക്കി മനസ്സിലാക്കാൻ ശ്രമിച്ച നമ്മളെ മനസ്സിന് മനസ്സിലാക്കാൻ ശ്രമിക്കും പോലെ ഇന്ദ്രിയങ്ങളെ ശരീരത്തെ പ്രപഞ്ചത്തെ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ ജാഗ്രത ബുദ്ധി കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സാധ്യമാണ് എന്തുകൊണ്ട് വിദ്യുതാവിദ്യുതങ്ങൾക്ക് അപ്പുറം ഉള്ളതിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മൾ ഭൗതികമായ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വെച്ചാൽ പഠിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അന്യമായിരിക്കുന്ന അതിനെ ജാഗ്രത പൂർണ്ണമായും അന്യമായിരിക്കുന്ന അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു സാധ്യമു ജാഗ്രത മനസ്സിലാക്കാൻ പറയുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഇവിടെ പറയുന്ന രീതി അത് വിദ്യുതാവിദ്യതങ്ങൾക്ക് അപ്പുറമാണ് ധന്യമാണ് അസ്വസ്വരൂപമാണ് അത് സച്ചിദാനന്ദമാണ് ഈ തരത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട് അതാണ് ആത്മവിജ്ഞാനം എന്ന് പറയുന്നത് ആ രീതിയിൽ അതിനെക്കുറിച്ച് ആഗ്രഹിക്കാൻ പറ്റും അതിനെ പോയി സുഷത്തിപ്പോയിറിയ ബ്രഹ്മത്തിൽ പോയി ആരും ബ്രഹ്മത്തെ അറിയുന്നു ഈ ബ്രഹ്മജ്ഞാനികളെല്ലാം ഇതിനെ ജാഗ്രത്തിൽ അറിഞ്ഞവരാണ് ഈ ജാഗ്രത്തിന്റെ ഉപയോഗം അതിന് വേണ്ടിയിട്ടാണ് അല്ലേ പ്രകാശത്തിന്റെ ഉപയോഗം എന്താണ് ഇരുട്ടിനെ മാറ്റില്ല വേറൊരു ഉപയോഗവും ഇല്ല ഇപ്പൊ ജാഗ്രത എന്ന് പറയുന്നത് എന്താണ് ബോധം ഈ ജാഗ്രത് ബോധത്തിന്റെ ഉപയോഗം എന്താണോ ഈരളിനെ മാറ്റുക അറിവില്ല എന്ന് പറയുന്ന ആ ഇരളിനെ മാറ്റുക അപ്പത് ജാഗ്രതത്തിലേ സംഭവിക്കത്തുള്ളു എന്നാൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അതാണ് അത് നമ്മുടെ അനുഭവത്തിൽ കാണാം വളിച്ചത്തിൽ ഇരുട്ട് പാടില്ല പക്ഷെ കാണുന്നു ാണ് ഒരു വിരോധാഭാസം ഈ വിരോധാഭാസത്തിനാണ് ഭാഷകാരൻ പറയുന്ന അജ്ഞാന സംശയവിപര്യങ്ങൾ മായാ എന്നെല്ലാം പറയുന്നതാണ് അതിനെന്തായാലും അംഗീകരിച്ചത് അത് നമ്മുടെ അനുഭവമാണ് അതെവിടെയാ നമ്മുടെ ജാഗ്രതത്തിനാണ് അത് പിടികൂടിയിരിക്കുന്നത് വേറെടുത്തും അല്ല ഈ അറിയില്ല എന്ന് നിലനിൽക്കുന്ന ജാഗ്രതത്തിനാണ് നമുക്ക് തോന്നും അത് സുഷുപ്തിയിലായിരുന്നു സുഷുപ്തി വിദുത അവിദ്യുതങ്ങൾക്കപ്പുറമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും ബാധിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു വാദപ്രതിവാദവും നടത്തി അവിടെ ഒന്ന് സ്ഥാപിക്കാം നോക്കത്തില്ല ജാഗ്രതത്തിലെ വാദപ്രതിവാദം നടത്തി സുഷ്ടി അത് വിദുതാവിദ്യുതങ്ങൾക്കപ്പുറമുള്ള ആത്മസ്വരൂപമാണ് സത്യം സത്സ്വരൂപമാണ് അതുകൊണ്ട് അവിടെ നമുക്കൊന്നിനും സ്ഥാപിക്കാനോ നിഷേധിക്കാനോ സാധ്യമുണ്ട് അത് ദ്വന്ദ്ത്മകമായ ഈ അനുഭവ തലത്തിലെ സാധ്യമാവും ഇവിടെ നമുക്ക് പലതും സ്ഥാപിക്കാം ഇവിടെ നമുക്ക് പറയാം ബ്രഹ്മസത്യം ജഗന്മിഥ്യ അതൊക്കെ ഇവിടെ പറയാം അനുഭവപ്പെടുത്താം അസാധ്യമാവും അന്ധനെ സംബന്ധിച്ചിടത്തോളം വെളിച്ച അനുഭവമല്ല എന്തുകൊണ്ട് അന്ധത എന്ന് പറയുന്നൊരു ദോഷം ബാധിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ചക്ഷുഷ്മാൻ കണ്ണുള്ളവൻ അവനെ സംബന്ധിച്ച് വെളിച്ചത്തിൽ വിവാദമില്ല അതുപോലെ ഈ തത്വം ഉണർന്നിരിക്കുന്നവനാ തത്വത്തിൽ ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇനി പക്ഷെ അന്ധനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക അന്ധനെ ബോധ്യപ്പെടുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഒരു തരത്തിലും അവനത് ബോധ്യപ്പെടുത്തില്ല വെളിച്ചത്തെ ബോധ്യപ്പെടാൻ അവന് കണ്ണുകൊടുക്കുക അതില വേറെ വഴിയില്ല ഇവിടെ വിജ്ഞാപു എന്നെ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അവനാ വെളിച്ചത്തെ കൊടുക്കുകയാണ് ജ്ഞാനമാകുന്ന വെളിച്ചത്തെ കൊടുക്കും അതുകൊണ്ട് അവന്റെ അന്ധതയെ മാറ്റുന്നു അവൻ പ്രകാശത്തെ പ്രത്യക്ഷീകരിക്കുന്നു സ്വയം അല്ലാതെ പ്രകാശത്തെ കൊണ്ടു കാണിക്കാൻ പറ്റും ആർക്കും ഒരാൾക്ക് വേറൊരാളും പ്രകാശത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റും കണ്ണുള്ളവന് അന്ധേനു പ്രകാശത്തെ കാണിച്ചുകൊടുക്കാൻ പറ്റും അല്ലേ മന്ത്രം കൊണ്ടോ മായാചാരം കൊണ്ടോ അവനത് സാധ്യമാണോ പരമാവധി ചെയ്യാമെന്നുള്ളത് അവന്റെ കണ്ണൊന്ന് മാറ്റിവെച്ചു കൊടുക്കുക പക്ഷെ കാണുന്നതിന് വേണ്ടി അവന് ഇണ്ട് അവിടെയാണ് വരുന്നത് പിതാവ് ഉപദേശിക്കുന്നു പുത്രൻ ഗ്രഹിക്കുന്നില്ല സ്വയം കാണുന്നില്ല സ്വയം കാണണം അത് സ്വന്തം കണ്ണുകൊണ്ടിരുന്ന കാണണം ഇത് ജാഗ്രത തന്നെ അറിയണം വേറൊരവസ്ഥയിൽ തന്നെ ജാഗ്രത് ഈ അജ്ഞാന സംശയവിര്യങ്ങളെ നശിപ്പിക്കുന്ന ജാഗ്രത അറിവാണ് പറയും ജാഗ്രത ഇപ്പോഴും ഉണ്ടല്ലോ ഈ ജാഗ്രത അറിയുന്നില്ലല്ലോ അപ്പം പറഞ്ഞല്ലോ ഈ അറിവിന് തടസ്സങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഈ മാറുന്ന ഒരു ജാഗ്രത ഉണ്ട് അതുകൊണ്ടാണ് പരാജാഗ്രത് എന്ന് പറയുന്നത് ഈ ജാഗ്രത ആണെന്ന് പറഞ്ഞതിനെ തരം താഴ്ത്തി കളയാണ് കാരണം ഒരാൾ പറയുന്നു ഈ ജാഗ്രതയിലല്ല എന്റെ ഗുരു അതിനറിഞ്ഞ് സമാധിയിലാണ് അങ്ങനെ പറയുന്നതിന് തെറ്റില്ല അതിന് തന്നെ പരാജാഗ്രത എന്ന് പറയുന്നു കാരണം അതിന് ഈ ജാഗ്രത്തിൽ നിന്നൊരു വൈലക്ഷ്യം ഒരു പ്രത്യേകത വേണമല്ലോ കാരണം ഈ ജാഗ്രതയിലാണ് ഇതിനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം ജാഗ്രതന് വേണ്ടി ജാഗ്രതനെ തേടി ഒരിടത്തും പോകണ്ട ഞാനിപ്പോൾ ജാഗ്രതയിലാണ് പക്ഷെ എനിക്ക് ബോധമില്ല ഞാൻ അന്ധനാണ് അന്ധനെപ്പോലെ പ്രകാശത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് അവൻ അന്ധനാകുന്നത് പ്രകാശത്തിൽ നിന്നും മാറി ഇരുന്നിട്ടൊരാൾക്ക് അന്ധനാകേണ്ട കാര്യമില്ല ഈ ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് ഒരുവൻ അജ്ഞനായിരിക്കുന്നത് എന്നിട്ട് പറയുന്നു ഈ തന്നെ അതിനെ സാക്ഷാത്കരിക്കുന്നു അവന് വെളിപാടുണ്ടായി അവൻ നിർവ്വാണത്തെ പ്രാപിച്ചു അവന് ജ്ഞാനോദയം ഉണ്ടായി ഇതെല്ലാം ഭാഷയിൽ പറയുന്നു അപ്പോ അതെന്താണ് ഓരോ വ്യത്യാസം കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതിന് പരാജാഗ്രത എന്നും മറ്റും ശാസ്ത്രങ്ങളിൽ പറയുന്നത് അത് അതുകൊണ്ടാണ് ചിലർക്ക് അതിന് സമാധി എന്ന് പറയുന്നത് ഈ ജാഗ്രതയിൽ നിന്ന് അതിനൊരു വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടി അതെല്ലാം നമ്മൾ ധരിക്കുന്നുണ്ട് അത് മനസ്സിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ പോയിരിക്കുന്ന രണ്ടു വ്യത്യാസം എന്താണ് വളരെ നിസ്സാരമായ വ്യത്യാസമാണ് ഈ ജാഗ്രത അജ്ഞാന സംശയവിപര്യങ്ങൾ ബാധിക്കുന്നു അതുകൊണ്ട് എത്രയും തകരാറ് ഒരു വരും സൂര്യമണ്ഡലം എത്രയോ വിപുലമാണ് പക്ഷെ ഒരു വിരൽത്തുമ്പോണ്ട് അത് മറഞ്ഞ് പോകും അതുകൊണ്ട് ഭൂമി മുഴുവൻ അന്ധകാരത്തിലാവും അതിന് യുക്തിയില്ല പക്ഷെ അത് സംഭവിക്കും അതുപോലെ സംഭവിക്കാം അപ്പോൾ ആ കൺപോളം മാറ്റിയാൽ അല്ലെങ്കിൽ വിരൽത്തുമ്പ് മാറ്റിയാൽ ഒരു സൂചിയുടെ അഗ്നം കൊണ്ട് സൂര്യനെ മറയ്ക്കാം അത് മാറ്റിക്കഴിഞ്ഞാൽ അത് പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നു അപ്പോ ആ പ്രകാശം എത്രയോ മഹത്താണ് എത്രയോ ബൃഹത്താണ് പക്ഷെ അതിന്റെ മറ എത്രയോ തുച്ഛമാണ് അതങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നു നമ്മുടെ അനുഭവത്തിൽ അത് കാണും അതുതന്നെയാണ് ഈ ജാഗ്രത സംഭവിച്ചിരിക്കുന്നത് അതാണ് വീണ്ടും ചോദിക്കുന്നത് എന്താണ് നവിതു സസമ്പന്ന മയം പറയുന്നതൊക്കെ ശരിയാണ് എന്റെ ബോധ്യത്തിൽ അത് വരുന്നുണ്ട് പക്ഷെ അറിയുന്നില്ലല്ലോ ആഹരഹ പ്രതിദിനം എന്നുവെച്ചാൽ എല്ലാ രാത്രിയെന്നല്ല നമ്മൾ പകലും രാത്രി ഏത് നിമിഷവും അതിലേക്ക് പോകുന്നു പക്ഷെ അറിയുന്നില്ല അസത്തനെ പ്രാപിക്കുന്നു അവിടെ സംശയം വരുന്നെന്താണ് ജാഗ്രത എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ആ ജാഗ്രത എന്ന് പറയുന്ന ഒരവസ്ഥയെ വിട്ടിട്ട് സുഷുത്തി എന്ന് പറയുന്ന വേറൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ട് ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് ജീവൻ യാത്ര ചെയ്യുന്നു അങ്ങനെ ധരിക്കരുത് അത് പ്രാപിക്കുന്നു അതാണ് എന്ന വിധു പ്രതീക്ഷണം ആ സ്വസ്വരൂപത്തെ പ്രാപിച്ചിട്ടും അറിയുന്നില്ലല്ലോ എന്നാണ് അതാണ് ആ സ്വരൂപത്തിന്റെ വിശേഷത എന്താണ് അത് അറിവിന് വിഷയമല്ല അറിവിന് എന്തുകൊണ്ട് വിഷയം ആകുന്നില്ല അതിനുള്ള കരണങ്ങളില്ല എന്നാണ് അതിനുള്ള കരണങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ അറിയാൻ പറ്റും ഒന്നുമില്ലല്ലോ പിന്നെ തിരിച്ചു വരുമ്പോ ഇതെല്ലാം എന്തുകൊണ്ട് പഴയതല കാണുന്നു എന്ന പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കൊന്നും മയങ്ങിപ്പോയി ഒരു സെക്കൻഡ് വീണ്ടും കണ്ണു കൊടുത്തപ്പോൾ പുസ്തകം തന്നെ ഒരു മാറ്റം വരുന്നുണ്ടോ ഇതിനിടയ്ക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷത്തിന്റെ ഒരു അംശത്തിൻ്റെ ഒരു ഭാഗത്തിൽ എപ്പോഴോ ആ സത്സമ്പത്തി സംഭവിച്ചതെന്നും പറയുന്നു ആ സത്സമ്പത്തി ഇതിനെല്ലാം അതീതമാണെന്നും പറഞ്ഞു അവിടെ ഇതിൽ മുക്തനായെന്നും പറഞ്ഞു വീണ്ടും എന്തുകൊണ്ടിന്ന് കാണുന്നു ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പകൽ മുഴുവൻ ഉണർന്നിരുന്നു അധ്വാനിച്ച് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഭാഷകാരം പറയും വീണ്ടും അടുത്ത പകല് വരുമ്പോ ചെയ്യേണ്ടതിന്റെ ബാക്കി ചെയ്യേണ്ടി വരുന്നു പണ്ടതിനെ വീണ്ടും കാണുന്ന ഒരു മാറ്റം കൂടാതെ ഈ സത് സമ്പത്തി എന്തുകൊണ്ട് ഇതിനെല്ലാം ഒരു അവസാനം വരുത്തുന്നില്ല അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് മോക്ഷം ഇതിൽ നിന്നെല്ലാം മോക്ഷം ഇങ്ങനെയാണെങ്കിലും സംഭവിക്കത്തില്ലല്ലോ എപ്പോഴും ആ സത്വനെ പ്രാപിക്കുന്നു പക്ഷെ മോക്ഷം സംഭവിക്കുന്നില്ല അത് ഇതുപോലെ എപ്പോഴും അസ്വസ്വരൂപനായിരിക്കുന്നു അതിന് ജാഗ്രതയൊന്നോ സ്വപ്നമെന്നോ സുഹൃത്തു സമാധിയുന്നു ഭേദമില്ല എപ്പോഴും നിത്യമുക്തനായിരിക്കുന്നു എന്നിട്ടും അത് സംഭവിക്കുന്നുണ്ട് ഈ അജ്ഞാന ദുരന്തത്തിൽ നിന്നും മോചനമില്ല ഈ രണ്ടിടത്തും സമാധാനം ഒന്നുമല്ല എന്താണ് ഇതിന് ഈ ജാഗ്ര ഏതൊരു ജാഗ്രതയിലിരുന്നുകൊണ്ടാണോ ഈ ജാഗ്രതത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ഇത് മാറണം എന്നുവെച്ചാൽ ഇതികൂടെ ബോധ്യപ്പെടുന്നു അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിട്ടാണ് വീണ്ടും ഉപദേശിക്കുന്നത് ജാഗ്രത്തിൽ ബോധ്യപ്പെടുത്തുന്നത് അതിനുവേണ്ടിയിട്ടടുത്തും പറയും യഥാസൗമ്യ മധു വൃതോ നിത്യഷ്ടന്തി നാനാത്യാനാം മുഷ്ടാനാം ഹനി സമ്പു സസംസ് തസ്മാത്രമദ ദൃഷ്ടാന്തം ബോധ്യപ്പെടുക ഇത് ബോധ്യപ്പെടലാണ് അനുഭവം എന്ന് പറയുന്നത് അനുഭവിക്കുക എന്ന് രണ്ടില്ല അറിവിന്റെ പുറത്ത് അറിവിന് കയറിയിരിക്കാൻ പറ്റത്തില്ല അറിവിനറിവായിരിക്കാനേ പറ്റൂ നമ്മൾ ആഗ്രഹിക്കുന്നു അറിവിനെ സ്വന്തം തലയിൽ കയറ്റുക അറിവിന്റെ തലയിൽ കയറ്റുക അത് സാധ്യമല്ല അനുഭവത്തിൽ ഇനി അനുഭവത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ല സ്വയം അതനുഭവമാണ് അത് ശ്രമിക്കുന്ന അജ്ഞാനം അതിൻ്റെ പറയുന്നു സ്വയം സാക്ഷാസ്വരൂപമായിരുന്നിട്ടും ഞാൻ അജ്ഞനാണെന്ന് പറയുന്നതാണ് ഞാൻ അതെങ്ങനെ സംഭവിക്കും വെറും ആരോപം കൃത്രിമത്വം വാസ്തവത്തിലല്ല അതുകൊണ്ടാണ് അതിന് ആരോപം മിഥ്യ അധ്യാസം എന്നെല്ലാം പറയും അതനൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അഹന്യഹനി സസമ്പദ്യ സസമ്പത്തി എന്ന് പറയുന്നത് കടങ്കതയല്ല മോക്ഷം നേടൽ എന്ന് പറയുന്നത് പരിശ്രമിച്ച് നേടേണ്ടതല്ല അതാണ് പറയുന്നത് എന്റെ താല്പര്യം അത് സഹജമാണ് മോക്ഷം സർവറിൽ സഹജമായിരിക്കുന്നതാണ് അഹന്യഹനിസമ്പ എന്നുവെന്ന് വെച്ചാൽ പൊതുവെ എങ്ങനെ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പകൽ ഉണർന്നിരിക്കുന്നു രാത്രി ഉറങ്ങുന്നു അത് വെച്ച് പറയുന്നതാണ് അനുഭവത്തിൽ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ഉറങ്ങുന്നുണ്ട് ഉണരുന്നോണ്ട് രണ്ടര നിമിഷങ്ങൾ നിമിഷാർത്ഥത്തിൽ തന്നെ സംഭവിക്കുന്നു പലപ്പോഴും ഉറങ്ങുന്നത് നമ്മൾ തന്നെ അറിയാറില്ല അതങ്ങനെ പ്രദക്ഷിണം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് സത്സമ്പത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് സത്തിനൊരിക്കലും തന്റെ സ്വരൂപത്തിൽ നിന്നങ്ങനെ വിട്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ ആ സസ്വരൂപത്തിൽ ആരോപിക്കുന്നു പലതും ജാഗ്രത ജാഗ്രതയിലിരുന്നു കൊണ്ടുള്ള സുഷുതി ഭാവന സ്വപ്ന ഭാവന ഇതെല്ലാം അവിടെ ആരോപിക്കുന്നു എന്നേ അതിനല്ലാതെ മാറിയിരിക്കാൻ പറ്റത്തില്ല മാറിയിരിക്കാൻ വേറെ സ്ഥലമില്ല സ്വന് അതാണ് സത്സമ്പദ്യ സത്സമ്പത്തി മോക്ഷം അതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിധുഹു പക്ഷെ വീണ്ടും അജ്ഞാന സംശയവീകര്യങ്ങളും ഉണ്ട് സൂര്യനുണ്ട് അതിനൊരു മറയുമുണ്ട് അതുണ്ട് തസ്ത്രാന്തം യഥാ ലോകെ ഹേ സോമ്യോ മധുക്കോ മധു കൂടീതി മധു മധുതര മക്ഷിഖ മധു നിഷന്തി മധു നിഷ്പാദയ്പന്ത ഒരു ഉദാഹരണം പറയുന്നു മധുപക്ഷി തേനീച്ച അതിന്റെ സദാ ഉള്ള ജോലി എന്താണ് മത്സംഭരിക്കുക തേൻ സംഭരിക്കുക തത്പരാഹ നിസ്തിഷ്ഠന്തി പറയുന്നു സദാ അതിന്റെ പണി അത് തന്നെയാണ് എങ്ങനെ നാനാ അത്യാനാം നാനാഗതി നാം നാനാദിക്കാനാം വൃക്ഷാണാം രസാൻ സമവഹാരം സമാഹൃത്യ സമാഹർത്തി ഏകതാം ഏകഭാവം മധുത്വേന രസാൻ ഗമയന്തി മധുത്വം അതിന്റെ പണിയെന്താ തേനീച്ചയുടെ പണി സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നാനാ ദുക്കിലേക്കും പോകുന്നു നാനാ വൃക്ഷങ്ങളിലും പോകുന്നു ഇവിടെയെല്ലാം പുഷ്പങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം പുഷ്പ രസത്തെ എടുക്കുന്നു പുഷ്പരസങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കൊണ്ടുവന്നത് കൂട്ടിച്ചേർക്കുമ്പോൾ രസാൻ ഗമേന്തി അതെന്തോ അത് ചെയ്യുന്നു അതിൻ്റെ എന്തോ ഒരു വിദ്യ അത് ഈ പ്രയോഗിക്കുന്നു രസാൻ ഗമേന്തി എന്ന് പറയും അതിനൊരു വിദ്യ അതിനറിയാം ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് ആ വിദ്യകൊണ്ട് ഈ പുഷ്പരസങ്ങൾ പലതരത്തിലുള്ള പുഷ്പരസങ്ങളെ കൊണ്ടുവന്ന് അതൊന്നാക്കുമ്പോ മധുത്വം ആപാദയ എന്താ അതിന്റെ പ്രത്യേകത എന്താണ് ഘനുസ്സോമ്യ ഇമാർ പ്രജാ സതിസമ്പദ്ദിന സതിസമ്പദ്ധാ മധുത്വനേകാം ഗതാഹ തെ വിവേകം നിലബന്തി ആ ഏകത്വത്തിന് ഉദാഹരണമായിട്ട് പറയുകയാണ് പുഷ്പരസങ്ങൾ അവിടെ ഏകത്വത്തെ പ്രാപിക്കുന്നു അങ്ങനെ ഏകത്വത്തെ പ്രാപിക്കുന്നതിന് മധുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും വിദ്യ കാണുമായിരിക്കും എന്തായാലും അത് ഒന്നായിത്തീരുന്നു ഒന്നായിത്തീരുമ്പോ വിവേകം നല്ല പന്തിച്ചറിയാൻ പറ്റുന്നുണ്ട് തേനീച്ചയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് മാവിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഇത് പ്ലാവിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഏത് പുഷ്പത്തിൽ നിന്നാണ് ഞാൻ ഇത് രസം കൊണ്ടുവന്നത് അറിയാൻ പറ്റുന്നുണ്ട് കഥം അമുഷ്യഹം അമ്പ്ര പനസസി വാ രസോസ്മീതി ഇത് രസമാണ് ഇത് പനസത്തിന്റെ രസമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുഷ്പത്തിന്റെ രസമാണ് എന്നൊന്ന് തിരിച്ചറിയാൻ പറ്റുന്നു എന്തുകൊണ്ട് ആ ഏകീഭവനം ഭേദജ്ഞാനത്തെ നിരാകരിക്കുന്നു അതാണ് ഇവിടെ പറയുന്ന തത്വം യഥാഹി ലോഹേ ബഹുവിനാം ചേതനാവതാം സമേതാനം പ്രാണിനാം വിവേകലാഭോ ഭവതി അമുഷ്യഹം പുത്രോ അമുഷ്യഹം നത്ത അസ്മീതി ഇപ്പൊ ഇവിടെ ഉണർന്നിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും പറയുന്നു ഞാൻ ഇന്നാരുടെ മകനാണ് ഇന്നാരുടെ ചെറുമകനാണ് ഇങ്ങനെ പറയുന്നു എന്റെ അമ്മ എന്നയാളാണ് എന്റെ അച്ഛൻ എൻ്റെ ആളാണ് സഹോദരൻ എന്നയാളാണ് സഹോദരി ഭേദത്തെ അറിയുന്നു ഉണർന്നിരുന്നുകൊണ്ട് ഓരോരുത്തരും പറയുന്നു തേജലബ്ധ വിവേകഹസന്തസീര്യതേ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനും എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ സഹോദരനും ഇതെല്ലാം ഒന്ന് തന്നെ ഒരു തത്വം തന്നെ എന്നറിയാൻ പറ്റുന്നില്ല ഞാനും അന്യനും ഒരു തത്വം തന്നെ അത് പിടികിട്ടുന്നില്ല ഒന്നായിത്തീരുന്നില്ല തഥാ ഇഹ അനേക പ്രകാരസാനാമി മധുര അമ്ല തിക്ത കടുകാധീനാം മധുന ഏകതാം മധുരാധിഭാവേന വിവേകോ ഗർഹ്യഭിപ്രായ അപ്പൊ അവിടെ തേൻ മധുരമാണോ കയ്പാണോ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത് അതെന്ത് രസമായിക്കൊള്ളട്ടെ ചില ജോലി എന്താ തേൻ കൈക്കത്തില്ലേ അതന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നു ഇവിടെ പല രസങ്ങളെടുത്തു ആ രസത്തിൽ മധുരം ഉണ്ടായിരുന്നു കയ്പുണ്ടായിരുന്നു അല്ലേ ചില പൂക്കളുടെ രസം മധുരമായിരിക്കത്തില്ല മറ്റെന്തെങ്കിലും രസമായിരിക്കും തേൻ എപ്പോഴും മധുരമായിരിക്കത്തില്ല തേന് രസഭേദം വരാ പുഷ്പഭേദമനുസരിച്ച് തേനെ രസഭേദം വരാം അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു തേൻ മധുരമായത് എങ്ങനെയെന്നല്ല ചർച്ച ചെയ്യുന്നു പലതരത്തിലുള്ള രസങ്ങളായിരുന്നു ആ ഓരോ പുഷ്പത്തിന്റെയും രസത്തിന് ആ പുഷ്പത്തിന്റെ ഗുണം സ്വഭാവം എല്ലാം അനുസരിച്ച് ഈഷദ് വ്യത്യാസം വരും ചെറിയ ചെറിയ വ്യത്യാസം ഇവിടെ അത് ഒന്നായി കഴിഞ്ഞപ്പോൾ ആ വ്യത്യാസം തിരിച്ചറിയാൻ വലിയ അതാ പറയുന്നു അത് മധുരത്തിൽ നിന്നും കൊണ്ടുവന്നു വേറൊരു രസത്തിൽ നിന്നും കൊണ്ടുവന്നു വേറെന്നിൽ നിന്നും കൊണ്ടുവന്നു ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി വന്നത് ഇവിടെ വന്നിട്ട് ഒന്നായി തിരിച്ചറിയാൻ പറ്റുന്നില്ല തേനെടുത്ത് നാക്കി വച്ചിട്ട് ഇത് ആമ്പത്തിന്റെ തേനാണ് ഇത് പനസത്തിന്റെ തേനാണ് എന്ന് പറയാൻ കഴിയുന്നില്ല അതാണ് ഏകത്വത്തെക്കുറിച്ച് പറയുന്നത് മധുരാതിഭാവേന വിവേകോ ഗ്രഹീത ഇത് മധുരമുള്ള രസമായിരുന്നു മധുരം കുറഞ്ഞതായിരുന്നു ഇങ്ങനെ വിവേചിച്ചറിയാൻ പറ്റുന്നു അതേകരസമായി അനുഭവപ്പെടുന്നു ഏക സ്വഭാവത്തിന് അനുഭവപ്പെടുന്നു ഇതാരുടെ കുറ്റ സ്വഭാവം തേനിന്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വഭാവം അത് തന്നെയാണ് സത്തിന്റെ സ്വഭാവം എന്തുകൊണ്ട് നീ അറിഞ്ഞില്ല ഞാൻ സത്തിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഞാൻ സത്താണ് അതറിയാതിരിക്കുന്നതാണ് സത്യന്റെ സ്വഭാവം ഈ രസഭേദത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാത്തതാണ് ആ തേനിന്റെ സ്വഭാവം അത് മതിരിച്ചാലും ശരി കൈപ്പുള്ളതായാലും ശരി പൊളിപ്പുള്ളതായാലും ശരി അതിന്റെ ഉറവിടത്തിൽ വരുന്ന രസഭേദത്തെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുതന്നെയാണ് ഇവിടെയും ഓരോ ജീവനും യഥായും ദൃഷ്ടാന്ത ഈ പറയുന്ന ദൃഷ്ടാന്തം പോലെ ഇത്യവമേവൽ സൗമ്യ ഇമ്മാർ പ്രജാഹ എല്ലാവർക്കും ഇതനുഭവമാണ് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോള്ള ഭേദമില്ല സദ്വൃത്തനെന്നോ ദുർവൃത്തനെന്നുള്ള ഭേദമില്ല സിഷ്ടനോ ദുഷ്ടനോ അങ്ങനെയുള്ള ഒരു ഭേദമില്ല സർവപ്രജാ മനസ്സിലാ ജീവന്മാരും മനുഷ്യനെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ ഒരു ഭേദമില്ല ഇതൊക്കെ മനുഷ്യന് വേണ്ടി പറയുന്നു മനുഷ്യന്റെ തത്വമല്ല പറയുന്നു എവിടെയെല്ലാം ജീവൻ ആവിർഭവിച്ചിട്ടുണ്ടോ അത് അണുവിലായാലും ശരി ആനയിലായാലും ശരി അവിടെയെല്ലാം അഹന്യഹനി സതിസമ്പദ് സദാ നിമിഷം പ്രതി വ്യക്തമായി പറയുന്ന സുഷുപ്തകാലേ അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും ഒന്നും അറിയാതിരിക്കുന്ന ആ കാലത്ത് സ്വസ്വരൂപസ്ഥിതനായിരിക്കുന്ന ആ സമയത്ത് മരണ പ്രളയോ മരണം പ്രളയം തുടങ്ങിയ സമയങ്ങളിൽ അതെല്ലാം ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഭാഷകാരനൂടെ ചേർത്ത് പറയുക അവിടേക്ക് അപ്രക്രിയ വ്യത്യാസങ്ങൾ എന്നാലും അവിടെ ദ്വന്ദ് പ്രതീതിയില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുക അവിടെ എല്ലാം എന്തു വരുന്നു ന വിധുഹോ ന വിജാനേയുഹോ ഒരിടത്ത് പറയുന്നില്ല അതിന് വിശേഷത സുഷൃഷ്ടിക്ക് സഹജമായ ഏകീഭവനത്തിൽ മറ്റൊരിടത്തും അറിയാത്ത പോലെ തന്നെ ഇവിടെയും ഇവിടെ സുഷൃഷ്ടിയാണ് മുഖ്യം മറ്റുള്ള മരണവും പറയുന്നത് സതിസമ്പദ് മഹേ ഞാനിതാ സത്തായി തന്നെ ഇരിക്കുന്നു അവിടെ മുൻ മുക്തനാണ് ഞാൻ മുക്തനായിരിക്കുന്നു എന്നറിയുന്നില്ല അത് ആ സ്ഥലത്തിന്റെ വിശേഷതയാണ് ആ തത്വത്തിന്റെ വിശേഷതയാണ് ആ തത്വത്തെ അറിയാൻ പറ്റത്തില്ല പിന്നെന്തിനായിരുന്നു പറയുന്നത് അതറിയാൻ വയ്യാത്ത കാര്യമാണ് അതാണ് ജാഗ്രത വിശേഷത ജാഗ്രത ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പുസ്തകത്തെ കാണും ഈ വെളിച്ചത്തിൽ ഈ പുസ്തകത്തെ കാണും സുഹൃത്തിയിലേക്ക് പോയി വീണ്ടും ജാഗ്രതത്തിലേക്ക് വന്നു പെട്ടെന്ന് കഴിഞ്ഞു പെട്ടെന്ന് ജാഗ്രതയിലേക്ക് വന്നു വീണ്ടും വെളിച്ചത്തിൽ പുസ്തകത്തെ കാണുന്നു ശരി ഇടയ്ക്ക് കുറച്ച് സമയമൊന്നും അറിഞ്ഞില്ല പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായില്ല വെളിച്ചത്തെക്കുറിച്ചുള്ള അറിവുണ്ടായില്ല എന്ന് വിചാരിച്ച് ഉണർന്നു വരുമ്പം പുസ്തകത്തെ ഇരുളി കാണുമില്ല മുൻ ജാഗ്രതത്തിൽ എങ്ങനെയാണോ ഈ പുസ്തകത്തെ കണ്ടത് അതുപോലെ തന്നെ പിൻജാഗ്രതത്തിൽ സംഭവിക്കുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഇതിനിടയ്ക്കൊരു സത്സമ്പത്ത് ഈ പറയുന്ന പോലെ സംഭവിച്ചു വലിയൊരു മാറ്റം സംഭവിച്ചു പിന്നീട് എന്താ മുൻ അനുഭവം ഒരുപോലെ ഇരിക്കുന്നത് ഉടർന്നതിന് ശേഷം ഒരു മാറ്റം വരട്ടെ ആ ഉറക്കത്തിൽ മഹത്തായ ഒരു കാര്യം സംഭവിച്ചില്ലേ മുക്തനായല്ലേ എന്നാണ് കൂടെ പറയുന്നത് സത്യസമ്പത്തിനെന്നാ വീണ്ടും ഇതിനെ ഇതുപോലെ കാണുന്നത് ഇതാണ് അറിവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇത് അറിവിന്റെ വിശേഷത ഇതാണ് അറിവിന്റെ വിശേഷതയാണ് ഈ പ്രതീതി എന്ന് പറയുന്നത് ഈ പ്രതീതി നമുക്ക് ഒരു കാര്യം ഉറപ്പായി ഉറക്കത്തിന് മുമ്പ് എങ്ങനെ കണ്ടോ അതുപോലെ ഉറങ്ങിയതിനു ശേഷവും കാണാൻ പറ്റും മാറിക്കാണാൻ പറ്റത്തില്ല ഇതിനെ പുസ്തകമായി കണ്ട് ഒന്നും ഉറങ്ങി എണീക്കുമ്പോ ഇതിനെ ആനയായി കാണാൻ പറ്റത്തില്ല അത് സംഭവിക്കത്തില്ല ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ജാഗ്രത്തിൽ ഈ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു എന്താ തത്വം തത്വമസി അത് ഞാൻ ഇവിടുത്തെ തത്വം ഇത് പുസ്തകം എന്ന് പറയുന്നതൊരു തത്വമാണ് ഇത് വെളിച്ചമെന്ന് പറയുന്നൊരു തത്വമാണ് അതുപോലെ ജാഗ്രതയിലൊരു തത്വമാണ് തത്വമസി നിയാസത്താണോ എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അജ്ഞാന സംശയവിവര്യങ്ങൾ കൂടാതെ ഒരാൾക്ക് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ പിന്നയാക്കുറങ്ങാൻ ധൈര്യമായിട്ട് ഉണർന്നാലും ആ ബോധം തന്നെയായിരിക്കും മാറ്റം വരില്ല എന്തുകൊണ്ട് അതാണ് അറിവിൻ്റെ സ്വഭാവം അല്ല ഇത് അങ്ങനെയല്ല ഗ്രഹിക്കുന്നത് ഇതിനെ കേവലം നാം ഗ്രഹിക്കുന്നു ഖസിത ആനന്ദമായി ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല നിത്യ ശുദ്ധമുക്തമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അറിവല്ല അറിവില്ലെങ്കിൽ പുസ്തകമായിട്ട് ഗ്രഹിക്കുന്നുണ്ട് പുസ്തകത്തിനെന്തെല്ലാം ഗുണവും ദോഷവും ഉണ്ടോ അതുമായിട്ട് ഗ്രഹിക്കുന്നുണ്ട് പ്രകാശത്തിന് എന്തെല്ലാം വൈദ്യുതിങ്ങളുണ്ടോ അതോടുകൂടിയേ ഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഉറങ്ങി ഉണരുമ്പോഴും ഇങ്ങനെ തന്നെ അപ്പോൾ ഒരു ജാഗ്രതത്തിൽ എന്ത് സംഭവിക്കുന്നു അത് സുഷൃപ്തിക്ക് ശേഷം സംഭവിക്കും പിന്നെ ജാഗ്രത്തിൽ സംഭവിക്കുന്നത് സുഷൃത്തിയിൽ സംഭവിക്കണോന്ന് വാശി പിടിക്കരുത് ജാഗ്രത്തിന്റെ സ്വഭാവം അല്ല സുഷുതിയുടെ സ്വഭാവം ജാഗ്രതത്തിൽ ഇതൊന്നും അവിടെയില്ല അപ്പൊ പിന്നെ അവിടെ ഇതെങ്ങനെ അറിയാൻ പറ്റും ജാഗ്രത ജാഗ്രത എങ്ങനെ സുഹൃത്തിൽ അറിയാൻ പറ്റും അതാണ് ഇവിടെ ചോദ്യം സതിസമ്പദ് അവിടെ എന്തുകൊണ്ടിണ്ടായില്ല ഈ ബോധം തത്വമസിന്ന് പറയുന്നത് അത് അതാണ് അതിന്റെ സ്വഭാവം ഇവിടെ അത് ഈ സ്വഭാവമാണ് കാണിക്കുന്നത് അപ്പൊ ജാഗ്രത എന്ത് ബോധ്യപ്പെടുന്നു അത് സുഷൃത്തിക്ക് ശേഷവും അനുവർത്തിക്കും സുഹൃത്തിയിൽ എന്തുകൊണ്ട് അത് അനുഭവിക്കുന്നില്ല കാരണം സുഹൃത്തിൽ ഇതെല്ലാം മാറ്റിവെച്ചിട്ടങ്ങോട്ട് പോയത് അല്ലേ ശ്രീകോവിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പെല്ലാം അഴിച്ചു വയ്ക്കും അകത്ത് കയറിയിട്ടാണോ അഴിച്ചു വയ്ക്കുന്നത് അല്ല പുറത്തഴിച്ചു വെച്ചിട്ട് അകത്ത് കയറും അതുപോലെ ഇതന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും അല്ല വാശി പിടിച്ചാൽ പറ്റുമോ അങ്ങനെ ഞാൻ അവിടെ ഏകീകരിച്ചെങ്കിൽ അത് ഞാൻ അറിയണ്ടായിരുന്നു പറയും എന്തുകൊണ്ടറിഞ്ഞില്ല അവിടെ ഒരു അജ്ഞാനം തടസ്സമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ വാശി പോലെയാണ് ഒരു കുട്ടി വാശി പിടിക്കുകയാണ് നട്ടാ പാതിരേക്ക് നട്ട് എന്നുവെച്ചാൽ രാത്രി എന്താണ് എനിക്കിപ്പോ സൂര്യനെ കാണും ഇപ്പൊ സൂര്യനെ കാണു എങ്ങനെയും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ സൂര്യനെ ഓരോ തരത്തിനും കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ വാശിയാണെങ്കിൽ എനിക്കിപ്പോ കണ്ടേ പറ്റൂ അപ്പോ പിതാവ് വിചാരിച്ചെന്നവന്റെ വാശി ഇത് സ്ഥിരം ജോലിയായി എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റിരുന്ന കാര്യം എനിക്കിപ്പോ സൂര്യനെ കാണും ശല്യം അയൂരെന്നു വർത്തി അവസാനം പിതാവൊരു ബുദ്ധിയുണ്ട് ചെന്നാ ഇവനെ ഒരു രാത്രി സൂര്യനെ കണ്ടുപിടിച്ചിട്ട് കാണിച്ചിരുന്ന കാര്യം ഒരു പ്ലെയിനിലൊരു ടിക്കറ്റ് എടുത്ത് ഇവനെ കയറ്റി നേരെ പടിഞ്ഞാറോട്ട് വിട്ടു കാണിച്ചു കുറെ അങ്ങനെ യാത്ര ചെയ്യുന്നത് സൂര്യൻ പക്ഷെ പയ്യം കരിച്ച് നിർത്തിയില്ലാ സൂര്യൻ പോര എനിക്ക് രാത്രി കാണുന്നു ഇപ്പോഴല്ലേ എനിക്ക് കാണേണ്ടത് എനിക്ക് രാത്രി ആ സൂര്യനെ കാണേണ്ടത് അപ്പത് കാണാൻ പറ്റുമോ കാണിച്ചുകൊടുത്താൽ എപ്പോഴും കാണിച്ചു കൊടുക്കാൻ പറ്റൂ പകലിലേ കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ ജാഗ്രത്തിലേ പറ്റൂ രാത്രി സൂര്യന് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടത് അതിന്റെ സ്വഭാവമാണ് സൂര്യനുണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല എന്താ രാത്രി സൂര്യനെ കാണാത്തത് സൂര്യൻ ഇല്ലാത്തോണ്ടാണോ അല്ലല്ലോ സൂര്യനുണ്ടായിരുന്നു പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ചോദിക്കുന്നതാണ് സതിസമ്പത്തി അതിനെ സാക്ഷാത്കരിച്ചു പക്ഷെ അറിയാൻ പറ്റുന്നല്ലോ നിങ്ങൾ ഏകീഭവിച്ചു പക്ഷെ ബോധമുണ്ടായിരുന്നല്ലോ അതങ്ങനെ സംഭവിക്കൂ ബോധം എല്ലാം ഇവിടെ കളഞ്ഞിട്ടാ പോയത് പിന്നെ അത് കാണണമെങ്കിൽ പകലേ പറ്റൂ ജാഗ്രത ബാലന് കാണാൻ പറ്റിയത് ജാഗ്രതയിൽ വന്നപ്പോൾ കണ്ടു പകലി വന്നപ്പോൾ കണ്ടു രാത്രി അത് കാണാൻ സാധ്യമല്ല ഇവിടെ ഈ ജാഗ്രത്തിൽ അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഈ കാര്യം വീണ്ടും പറയുന്നത് സുഹൃത്തിയിലല്ല ഇത് ബോധ്യപ്പെടേണ്ടത് സുഹൃത്തിയിൽ ബോധ്യപ്പെടേണ്ട സാധനങ്ങളൊന്നുമില്ല ഉപകരണങ്ങളില്ല സുഷുത്തിയിൽ അതാണ് പറഞ്ഞത് ആഗ്രഹണം എന്താഗ്രഹണം എന്ന് പറഞ്ഞാൽ അത് തന്റെ സ്വഭാവം അതെന്താ അങ്ങനെ ഒരു സ്വഭാവം വന്നത് വിദിതാ അവിദിതാ അതിനോപം നമ്മൾ ചർച്ച ചെയ്തു അവിടെ അത് സാധ്യമല്ല ഇവിടെ സാധ്യമാണതാണ് അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു ജ്ഞാനി ഉറക്കത്തിൽ ആർക്കെങ്കിലും ബ്രഹ്മജ്ഞാനം ഉദ്ദേശിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരുത്തിന് ഉറക്കത്തിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായോ ഇതൊന്നും സംഭവിക്കുന്നില്ല എല്ലാം ജാഗ്ര സ്വപ്നങ്ങളിലാണ് സംഭവിക്കുന്നത് ബോധം പ്രവർത്തിക്കുന്നിടത്തെയുള്ള അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഇതുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നു അത് പ്രവേശിച്ചതിന് ശേഷമാണോ പ്രവേശിച്ചതിന് മുമ്പാണോ പ്രവേശിക്കുന്ന സമയത്താണോ ഒന്നും നിർണ്ണയിക്കാൻ വയ്യ സ്വിച്ച് ഓഫായി ലൈറ്റ് പോയി അന്ധകാരമാണ് ഇതന്നെ ഏക കാലത്ത് സംഭവിക്കുന്നത് പോലെ വേറെ തിരിച്ചറിയാൻ വയ്യ പിന്നെ എന്തുകൊണ്ട് ഇത്ര ഉറപ്പിച്ചു പറയുന്നു സതിസമ്പദ്യ അവിടെ ഏകീഭവിച്ചു എന്ന് എന്തുകൊണ്ട് പറയുന്നു പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ എന്താണ് ഇതൊന്നും അവിടെയില്ല ഈ കോലാഹലങ്ങളൊന്നും അവിടെയില്ല താനവിടെ ഉണ്ട് താൻ അരുണ്ട ഒരു കാര്യമില്ല അഗ്രഹണം ആത്മസ്വരൂപം തന്നെ പക്ഷെ വീണ്ടും വരും അടുത്തത് ഭക്ഷ്യക്കാരൻ പറയും ഇത് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പം അതുപോലെ തന്നെ ഇരിക്കുന്നു പുസ്തകത്തെ കണ്ടിട്ട് കണ്ണടച്ച് കണ്ണ് തുറന്നു പോകുന്ന പുസ്തകം തന്നെ അപ്പോ അതിന് ഇതിനിടെ ബന്ധപ്പെടുത്തുന്ന എന്താ ഇതിനിടയ്ക്ക് കേവലമായ താൻ മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിനെ ബന്ധപ്പെടുത്തുന്നേണ്ട വാസന അജ്ഞാനം എന്ന് പറഞ്ഞു നമ്മള് ശ്രീകോവിലേക്ക് കടന്നപ്പോ ചെരുപ്പ് പുറത്തഴിച്ചു വെച്ചിട്ട് കടന്നു എന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോ ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് വരുന്നത് ചോദ്യം ഈ ചെരുപ്പ് ശ്രീകോവിന്റെ അകത്തു നിന്നാണോ എടുത്താതെ പുറത്തു നിന്നാണോ നിന്നാണ് എടുത്തത് എവിടെയാണോ ചെരുപ്പിന് ഉപേക്ഷിച്ച് അവിടെ നിന്നല്ലേ എടുക്കാൻ പറ്റും നിന്ന് ചെരുപ്പ് എടുത്തുകൊണ്ട് വരാൻ പറ്റും പറ്റത്തില്ല ഇത് ഉപേക്ഷിച്ച് പോകുന്നത് അവിടെ വന്നു തന്നെ സ്വീകരിക്കുന്നു അല്ലേ നമ്മൾ ലഗേജ് ഉപേക്ഷിച്ചിട്ട് വണ്ടി കയറുന്നു പ്ലെയിനിൽ കയറുന്നു എന്ന് വെച്ചാൽ എവിടെ വന്നാ ലഗേജ് എടുക്കുന്ന പുറത്തു വന്നു എവിടെ ഉപേക്ഷിച്ചു അവിടെ ഇതെല്ലാം അജ്ഞാനം സംശയം വാസന ഈ പ്രതീതികളെല്ലാം ഉപേക്ഷിച്ചിട്ട് കിടക്കുന്നു തിരിച്ച് അവിടെ വന്ന് എല്ലായിടത്തും വീണ്ടും തോളിക്കേറ്റുന്നു വീണ്ടും പോകുന്നു ഒരു ഭാരത്തെ നമ്മളൊരിടത്ത് ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചിട്ട് ചുമട് താങ്ങീന്ന് വെച്ചു വീട്ടിൽ താഴെ ഇരുന്ന് വിശ്രമിച്ചു വിശ്രമം കഴിഞ്ഞിട്ട് എവിടെന്നാണ് എടുക്കുന്നത് ഭാരത്തെ വച്ച സ്ഥലത്തുനിന്നേ എടുക്കാൻ പറ്റും തന്റെ തലയിൽ നിന്ന് എടുക്കാൻ പറ്റുമോ അതുവരെ തന്റെ തലയിലിരുന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിന്റെ ഭാരം കൊണ്ടൊരുപാട് വേവലാതി അനുഭവിച്ചതാണ് തന്റെ തലയിലിരുന്ന സാധനം പക്ഷെ ഇറക്കി വെച്ചത് തന്റെ തലയിലല്ല ഇഷ്ടം കൂടി താങ്ങിനെ ഇറക്കി വെച്ചു ഇനി വീണ്ടും എടുത്തോണ്ട് നടക്കുമ്പോൾ തന്റെ തലയിൽ എടുക്കുന്നത് അല്ലല്ലോ ഇറക്കി വെച്ചെടുത്തുനിന്ന് അതുപോലെ ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകിഭവനെ സംഭവിച്ചു എവിടെയാണോ അതിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് വീണ്ടും നടക്കുന്നു സുഹൃത്തിൽ ഞാനിയാകാൻ പറ്റത്തില്ല ജാഗ്രതത്തിലേ പറ്റും എന്തുകൊണ്ട് ജാഗ്രതീ ഞാനത്തെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയിരുന്നു തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉപേക്ഷിച്ച സാധനം കൂടെ എടുത്തോ വീണ്ടും നീ ഒരു ജ്ഞാനിയാകുന്നു ജാഗ്രതത്തിലേക്ക് വരുന്നു ഞാനിയാകുന്നു ഇതാണ് വളരെ ലളിതമായി മനസ്സിലാക്കാനുള്ള കാര്യം ഇനി അജ്ഞാനമാണ് അപേക്ഷിച്ചിട്ട് പോകുന്നതെങ്കിലോ അതും അവിടെ കാത്തിരിക്കും ഭണ്ടക്കെട്ടുകളെല്ലാം അവിടെ ഇരിക്കും അച്ചടത്ത് തന്നെ ഇരിക്കും തിരിച്ചു വരുമ്പോൾ ശരി പിടിച്ചോ വീണ്ടും അതുമായിട്ട് യാത്ര ഇതാണ് സംസാരം എന്ന് ഉപേക്ഷിക്കുന്നു എടുക്കുന്നു ചോദ്യം ഇതാണ് എവിടെ ഉപേക്ഷിച്ചു എവിടെ നിന്ന് എടുത്തു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അതാണ് ഇവിടെ പറയുന്നത് ഞാനും അജ്ഞാനുമെല്ലാം ഇവിടെ തന്നെ സ്വരൂപത്തിൽ അതില്ലെന്ന് അദ്വൈതത്തിൽ പറയും ആത്മസ്വരൂപത്തിൽ അജ്ഞാനമില്ല ആത്മ സ്വരൂപത്തിൽ സംസാരമില്ല ആത്മ സ്വരൂപത്തിൽ ബന്ധനമില്ല ആത്മസ്വരൂപത്തിൽ മോക്ഷമില്ല രണ്ടും ആപേക്ഷികമായതുകൊണ്ട് അതാണ് പറഞ്ഞ് ഞാനും ഉപേക്ഷിച്ചെടുത്തെടുത്തോണ്ട് അതാണ് ഈ പോക്കും വരവും ഈ സുഹൃത്തിയും ജാഗ്രത എന്നാലും വീണ്ടും സംശയം ഇതെല്ലാം ഉപേക്ഷിച്ചുപോയി ആ ഏകാന്തമായ അദ്വയം ഏകമയോ അദ്വിതീയോ എന്ന് പറഞ്ഞ സത്തിന് ആ സത്തായിത്തന്നെ ഇരുന്നു വീണ്ടും എല്ലാം പഴയ പിടി വന്നു എന്തെങ്കിലും ഇതിനെ ഒന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടേ അതിനെ ഇതിനെയും കൂടെ ബന്ധിപ്പിക്കാൻ അക്കരെ ഇക്കരി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു പാലം വേണ്ടേ സത്തോ സത്ത് എങ്ങനെയാകുന്ന നിർഗുണം നിരാകാരം നിത്യമുക്തം അതിലീ കോലാഹലങ്ങളൊന്നും ഇല്ലല്ലോ ഇതിനെ ബന്ധിപ്പിക്കാൻ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്നും വെച്ചോട്ടെ നിർബന്ധമാണെങ്കിൽ വെച്ചോളൂ ബന്ധനമില്ലാത്തടത്ത് നിങ്ങൾക്കൊരു ബന്ധത്തെ കൽപ്പിക്കണമെങ്കിൽ തൽക്കാലം ഒരു സമാധാനം അതുകൊണ്ട് കിട്ടുമെങ്കിൽ വെച്ചോളൂ ആരും അതിനെതിര് നിൽക്കുന്നില്ല അത് നിങ്ങളുടെ യുക്തിയുടെ ഒരു ബോധ്യമാണ് അനുഭവത്തിന്റെ പ്രകാശമല്ല രണ്ടും രണ്ടാണ് അതിനുവേണ്ടി വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കൽപ്പിക്കാം എന്തോ ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ടായിരുന്നു ഭാഷകാരന തൊട്ട് സമ്മതമില്ല അതുകൊണ്ടാണ് അതിന് പറയുന്നത് എന്താണോ സതിസമ്പദ്യ ശ്രുതിയും പറയുന്നതാണ് അവിടെ ഏകീഭവിച്ചു വീണ്ടും ഇതെല്ലാം പ്രതീതമാകുന്നു അതുകൊണ്ട് ജാഗ്രത്തിൽ ഈ ദോഷങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക ചോദിക്കും ചിലർ അതിനൊക്കെ സമാധാനം ഇവിടെയുണ്ട് ഇല്ലെങ്കിൽ സമാധാനം ഇല്ല ഈ സമാധാനം ധരിച്ചില്ലെങ്കിൽ ഇതിനൊന്നും സമാധാനം കിട്ടത്തില്ല ഒരാൾ ജ്ഞാനിയാണ് ഒരു ചോദ്യമാണ് തത്വജ്ഞാനിയാണ് അയാൾ അയാൾക്ക് ജാഗ്രത ഉണ്ട് സ്വപ്നമുണ്ട് സുഷൃത്തിയുണ്ട് ചില പറയുന്ന തത്വജ്ഞാനികൾക്ക് സുഷൃത്തി ഇല്ലെന്ന് പറയുന്നവരുണ്ട് തത്വജ്ഞാനിക്ക് ആത്മാവില്ലെന്നാണ് തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കില്ല എന്നുവരെ പറയുന്നവരുണ്ട് ജാഗ്രത സ്വപ്നങ്ങൾക്ക് കാരണമാണ് സുഷൃക്തി അത് അജ്ഞാനമാണ് സുഷൃത്തി അജ്ഞാനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ജാഗ്രത സ്വപ്നങ്ങൾ അപ്പോ തത്വജ്ഞാനിക്ക് സുഹൃത്തി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തത്വജ്ഞാനിക്കും അജ്ഞാനം ഉണ്ടെന്നാണ് അപ്പൊ വീണ്ടും വീണ്ടും ബന്ധനത്തിലല്ലേ അജ്ഞാനം പോയില്ലല്ലോ അപ്പൊ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാ പിന്നെ ഇവിടെ സുഹൃത്തിയിൽ അജ്ഞാനം നിക്കു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അതിന് സമാനം വേദാന്തി കിടന്ന് വട്ടം കറങ്ങും പിന്നെ അദ്വൈതിക്ക് ഒരു ഗുണമുണ്ട് പൂച്ചയെടുത്ത് നിലത്തിട്ട് പോലെയാണ് എങ്ങനെ വന്നാലോ നാല് കാലത്ത് തന്നെ ഒന്ന് നിൽക്കും ചോട് മാറിപ്പോ എങ്ങനെങ്ങനും പറഞ്ഞു വിരുണ്ട് വരണ്ട് അവിടെ തന്നെ ഒന്ന് നിൽക്കും ഒരുത്തരം കിട്ടില്ലെങ്കിൽ പറയും മായാവിദ്യാനോചനീയം അതിനും പറ്റില്ലെങ്കിൽ പറയും ഇതി ശ്രുതേഹേ ശ്രുതി പറഞ്ഞിരിക്കുന്നു പിന്നെന്തു പറയാൻ അങ്ങനെ പോകും സ്വാനുഭവത്തെ ആശ്രയിക്കാതിരുന്ന് കഴിഞ്ഞാ അങ്ങനെ പോയിട്ടുണ്ട് പതിനാമുടെ സമാധാനങ്ങളുടെ പറയുന്നത് സതിസമ്പദ് സത്സമ്പത്തി അത് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം സത്തായിരിക്കുന്നതിന് സത്സമ്പത്തിയല്ല വേറെന്താ സംഭവിക്കുന്നു അതേ സംഭവിക്കത്തുള്ളൂ അതുകൊണ്ട് സമാധാനം പറയുന്നു ന വിധു ന വിജാനേയുഹു സതിസമ്പദ് സമ്പന്നായി അപ്പോ അതിലൂടെ എന്തു ചെയ്യുന്നു അതിനങ്ങനെ വിശദമാക്കിക്കൊണ്ട് അസസമ്പത്തി സനിഷ്ഠ അതിലൂടെ ഉണ്ടാക്കുന്നത് ആത്മനിഷ്ഠ എന്ന് പറയുന്നു അതാണ് തത്വമസിന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോ തത്വമസി രണ്ടു മൂന്ന് കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് ഒരു ജീവൻ ഒരു ബ്രഹ്മം പിന്നെ അതിന്റെ അങ്ങനെയൊന്നും പറയുന്നുല്ലോ ഒരു സത്തിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളു ആണ് ഇവിടെ ഭാഷകാലം പറയുന്നത് അതഹ അതുകൊണ്ട് തത്ത് എന്ന് പറഞ്ഞെന്താണ് തത്ത് തും നെയ് സത്ത് ഒറ്റ ഉള്ളൂ രണ്ടുമൂന്നില്ല ആ സത്ത് തന്നെയാണ് നെയ് അത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കണോ ശ്രുതിയെ കുറിച്ച് ചിന്തിക്കല്ല ബാഹ്യമായി ചിന്തിച്ചാലോ എന്നാലും അത് സത്ത് തന്നെ ഏത് രീതിയിലായാലും എന്താണോ ആത്മനിഷ്ഠമായി അഹമസ്മി എന്നുള്ള രീതിയിൽ ലൌകികമായി ചിന്തിച്ചാൽ ബാഹ്യമായി ഇതമസ്തി നാമരൂപാത്മകം അങ്ങനെ ചിന്തിച്ചാലും ശരി സത്തല്ലാതെ മറ്റൊന്നുമില്ല അതിനെയാണ് മറ്റു സന്ദർഭങ്ങൾ ഇവിടെ ചിത്ത് ആനന്ദം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് അത് ജാഗ്രതത്തിൽ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഈ വിശദീകരണങ്ങൾ